ഭാഷ okay, പ്രധാനപ്പെട്ട പറഞ്ഞ ഒരു പ്രവാസം വച്ചാത്മ ഭേദജ്ഞം തോന്നോപനിത്തം പ്രത്യയമായശ്വാസപൂർവാര ദേഹാത്മ ഭേദജ ആത്മാവ് വേറെയാണ് ദേഹം നശിച്ചാൽ ആത്മാവ് നശിക്കുന്നു മറന്നശേഷം ആത്മാവ് കരട കൊണ്ടേക്ക് പോകും ഇത്തരം ആത്മഭേദിക്കും അതുണ്ടെങ്കിലും ഇത്ര എണ്ണം തകർത്ഥത്തിലുണ്ടോ പിതൃക്കൾക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള പണ്ടോധക ക്രിയ ചെയ്ത് നമ്മൾ പറയുന്ന മതി കർമ്മങ്ങൾ നമുക്ക് പറയാം അത് ചെയ്യണം തൻ ലോകത്തിൽ നിന്ന് പ്രത്യേകമായിട്ട് അത് ചെയ്യാതി നമുക്ക് പിൻ ലോകത്തിലിരിക്കുകയാണ് പിതൃക്കളെങ്കിലും പിറ്റഡ ദേവതകളൊന്നും മരിച്ചു പോയ പിതൃക്കളെന്ന് പറയാറ് പിതൃ ലോകത്തിലിരിക്കുന്നുവെന്ന് അവർക്ക് ഇവിടെ കർമ്മങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ അവരെ നരകത്തിലേക്ക് പതിക്കും വിശ്വാസം ഇന്ന് ഇവിടെ ജീവിച്ചിരിക്കുന്നത് സന്ത പരമ്പരകൾ അവർക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യണമെന്ന് ചെയ്യണ്ടെങ്കിൽ അത് പാകണം ഇത്തരം വിശ്വാസം ഈ വിശ്വാസത്തിനനുസരിച്ചിട്ടാണ് ഇന്ന് വ്യവഹാരവും ചെയ്യുന്നവർക്ക് പ്രവൃത്തികൾ ഇത്തരം പ്രവൃത്തികൾക്കെല്ലാം ആധാരമായി നിന്ന് വിശ്വാസം വിശ്വാസം പിന്നെ ഉണ്ടാകുന്നു ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കും ശാസ്ത്രങ്ങളുടെ വിധി ആ വിധിക്കനുസരിച്ച് മനുഷ്യന് വിശ്വാസം ഉണ്ടാകുന്നു വിശ്വാസത്തിന് അവർ പ്രവർത്തിക്കുന്നു ഇത് പൊതുവെ ആസ്തികന്മാരെ അസ്വീകരിക്കുന്നതാണ് എന്നാൽ ആസ്തികന്മാരെ തന്നെ ഇതിന് അംഗീകരിക്കാത്തവർ അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദേഹം ആര്യസമാസ്തികനാണ് ദേഹാത്മാ ഭേദ ആത്മാവ് മരിക്കുന്നില്ല ദേഹം രസിക്കുന്നു അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ജീവനും പരിലോകവാസമൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അംഗീകരിക്കുമ്പോ തന്നെ മരിച്ചവർക്ക് വേണ്ടി ജീവിച്ചവർ ചെയ്യുന്ന കർമ്മം അതിന്റെ ആവശ്യമില്ലെന്നാണ് അദ്ദേഹത്തിന്റെ അതിന്റെ ലളിതമായൊരു വ്യക്തിയാണ് പറയുന്നത് എന്താണോ ആ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താണ്ടനുഭവിക്കണമെന്നാണ് നമ്മുടെ ന്മാർ ഇവിടെ വലിയ ക്രൂരമായ പാതകൾ പോയി ചെയ്തിട്ട് അവിടെ പോയിരിക്കുകയാണ് നമ്മുടെ കൂടെ ബലി കർമ്മം ചെയ്ത് അവരി രക്ഷപ്പെടു അവരുടെ കർമ്മത്തിന്റെ ഫലം അവരെ അനുഭവിക്കണ്ട കർമ്മഫലം അവരനുഭവിക്കണ്ടേ നമ്മുടെ കർമ്മത്തിന്റെ ഫലം അവർക്ക് ഗുണമുണ്ടാവും നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്താൽ അതിന്റെ ഫലം നമുക്കുണ്ടാവും മറ്റത് കർമ്മത്തിന് വ്യധീകരണമെന്ന് പറയുന്ന ദ്രോഷം ഒരാൾ പ്രവർത്തിക്കുന്നു വേറൊരാൾ ദുഷ്ടം കിട്ടും അപ്പോ അതുകൊണ്ട് ഇതിന് ഇദ്ദേഹം പറയുന്ന അന്ധവിശ്വാസം മനുഷ്യൻ ചെയ്യേണ്ട കാര്യമില്ല ഇത് തന്നെ ചെറുവാൻ പറയും അതിനെ ആത്മാവിനെ അംഗീകരിക്കുന്നില്ല ആത്മാവിനെ അംഗീകരിച്ചുകൊണ്ടു അപ്പൊ പിന്നെ എന്തുകൊണ്ട് എന്തിനാകുന്നു വിശ്വാസമായി എങ്ങനെയാകുന്നുണ്ടാവും പറയുന്നത് അദ്ദേഹം പറയുന്നത് പുരോഹിതന്മാരെ അവരുടെ വയറ്റപ്പിരിപ്പിന് വേണ്ടി ഉണ്ടാക്കി വെച്ചു അല്ലാതെ തിയാതിന് വളരെ ശക്തമായ രീതിയിൽ എതിർത്തിട്ട് എന്തെങ്കിലും നടന്നു ഒന്നും നടന്നില്ല എന്ന് അവൾക്കറിയാത്ത ചെയ്യുന്നു അവര് പറയുന്നത് നമ്മള് എല്ലാ ദിവസവും അഗ്നിഹോത്രം ചെയ്യും അഗ്നിഹോത്രം ചെയ്ത് കഴിഞ്ഞാൽ വലിയ പുണ്യമാണ് പിന്നെ നിങ്ങളുടെ സന്താന പരമ്പര നിങ്ങൾക്ക് വേണ്ടി പിന്നെയാണ് വൈദിക ധർമ്മം അനുസരിച്ച് ജീവിക്കണം അദ്ദേഹം വൈദിക ധർമ്മമാണ് ട്ടിനെയുംതിരിയൊന്നും ബലിക്കാൻ പാടില്ല അതിനെയൊക്കെ എതിർക്കും അങ്ങനെയുള്ള പ്രവർത്തികളൊന്നും ഇല്ലാൻ പാടും കർമ്മം വൈദിക കർമ്മം അഹിംസാത്മകമായി അപ്പോ വിശ്വാസത്തിന്റെ രണ്ടു വശം ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത് അത് പൗരോഹിത്യ ചൂഷണത്തിനാണ് വരുന്നത് അത് പാട്ടും കാരണം കേട്ടില്ല അല്ലാത്ത വിശ്വാസം സ്ത്രീ മരിച്ചു കഴിഞ്ഞാൽ ശരീരമേ ലക്ഷ്യമാക്കമാവുന്ന സ്ത്രീ അതാരും ചൂഷണം ചെയ്യുന്നവരും ആവിശ്വാസം എന്നുള്ള ഇതിലൊക്കെ പല അഭിപ്രായങ്ങളും പിന്നെ ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് ഗതാസുഖം വ്യാഖ്യാതാക്കൾ ഞാൻ കണ്ടിട്ടുള്ള വ്യാഖ്യാതാക്കൾ ആരെന്തെങ്കിലും ഒരു വ്യാഖ്യാൻ വേണ്ടിയിട്ടില്ല ആരെങ്കിലും എഴുതാനുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല ഗതാസു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പറഞ്ഞത് ഗതാസു കത്തിയാണ് അഗതാസം എന്ന് വെച്ചാൽ പക്ഷിതാരൻ അർത്ഥം പറഞ്ഞത് ഗതാസു മരിച്ചതാണ് അഗതാസം ജീവിച്ചിരിക്കുന്നു അത് സിമ്പിളായ വ്യാഖ്യാനം നേരെയുള്ള അർത്ഥമാണ് ഇദ്ദേഹം ഇദ്ദേഹം ഇവരെല്ലാം വ്യാഖ്യാനിക്കുമ്പോൾ ഒരു കാര്യം നോക്കും മറ്റുള്ളവരെ വ്യാഖ്യാനിച്ചു വ്യത്യാസം തന്റെ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് അതുകൊണ്ടല്ല അപ്പോ അതുകൊണ്ട് ഒരു വ്യത്യാസം വരുത്താൻ വേണ്ടി പിന്നെ അതിന് പ്രമാണങ്ങൾ കണ്ടുപിടിക്കും എന്തുകൊണ്ട് അങ്ങനെ വ്യാഖ്യാനിച്ചു പറയുന്നത് ഗതാസു ശബ്ദം അതാണ് എന്റെ അർത്ഥം എന്ന് വ്യാഖ്യാനം സംവദിക്കുകയാണ് എന്ന് വെച്ചാല് ഗതാസ്തുപറയുന്നത് കാരണം മരിച്ചവരെ കുറിച്ചാണ് അത് പ്രസിദ്ധമായ ശബ്ദം ഇവിടെ മാത്രം ഉപയോഗിക്കുന്ന ഭാഷയിൽ തന്നെ മരിച്ചവർക്ക് ഗതാസ്തുക്കൾ എന്ന് പറയും അപ്പോ അതിന്റെ എന്തായാലും വിപരി അഗതാസ് ജീവിച്ചിരിക്കുന്നുണ്ട് പ്രസിദ്ധമായ അർത്ഥമാണ് അതായത് സമ്മതിക്കുന്നുണ്ട് അവര് ദേശികര് പറയുന്നുാണോ സപ്രാണോ കഥാ ഈ അങ്ങനെയൊക്കെയാണെങ്കിലും പ്രകൃതം ഇവിടെ അല്ലേ അതിനെന്താ പറയുന്നത് അവിശ്രാംഗം അനാനന്ദം അപാകേയം അദേശികം തമ കാംഗാനമധ്വാനം കഥോ ബൈ ഭൂതാഷം കഴിഞ്ഞു ചേച്ചി വ്യക്തന ഇയാദിഷ പണ്ഡിതനുഷ്ണവിഷ്ട്രോതസ് മരിച്ചവരെ കുറിച്ചും ജീവിച്ചവരെ കുറിച്ചും പണ്ഡിതന്മാരും ദുഃഖിക്കുന്നില്ലെന്നാണ് കൂടെ പറഞ്ഞത് ഇദ്ദേഹം പറയുന്നു മരിച്ചവരെ കുറിച്ചും ജീവിച്ചവരെ കുറിച്ചും പണ്ഡിതന്മാരും ദുഃഖിക്കും അപ്പൊ ആ പറയുന്ന ശരി പണ്ഡിതന്മാരും മരിച്ചവരെ കുറിച്ചും ദുഃഖിക്കും ജീവിച്ചവരെ കുറിച്ചും ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചും ദുഃഖിക്കും മരിച്ചവരെ കുറിച്ചും പണ്ഡിതന്മാർ ദുഃഖി ദുഃഖിക്കുന്നു പറഞ്ഞിട്ട് എന്താ പ്രമാണമാണ് മഹാഭാരത മോക്ഷഭവൃത്തിൽ പറയും അവിശ്രാന്തം വിശ്രമമില്ലാതെ അനാലംബം ഒരു സഹായം കൂടാതെ അപാകയം വഴിക്ക് യാകുന്നതന്നെ തിന്നാനോ കുടിക്കാനൊന്നും കിട്ടാതെ ആദേശികം വഴി പറഞ്ഞു തരാൻ ഒരാളില്ലാതെ തമക്കാന്താരോത്ഭാവം ഇരുട്ട് നിറഞ്ഞ കാട്ടിലെ വഴിയിലൂടെ കഥ ഏകോകമിഷ്യൻ എങ്ങനെയാണ് ഒരു ചെന്നേക്ക് പോകുന്നത് എന്ന് പറയുമ്പോൾ ഇത് നരകയാത്രയാണ് വെച്ചു കഴിഞ്ഞാൽ ഇതുപോലൊരു പോക്കാണ് ഒരാൾ അതേസമയം മറ്റു വഴിക്ക് പോവുകയാണെങ്കിലോ ഇത് ഉത്തരായണ മാർഗത്തോടെ പോകുന്ന ഒരു വഴിയല്ല മറ്റിടത്തോ വഴിയിലെ ആൾക്കാർ കാത്തു കഴിഞ്ഞാണ് കൂട്ടിക്കൊണ്ടു വൈകുണ്ഠത്തിലേക്ക് പോകുമ്പോഴും അവിടെ ആക്കാറുള്ളൂ സ്വീകരിച്ച് അവിടെ കൊണ്ടിരുത്താനില്ല മറിച്ച് ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ട് മനുഷ്യൻ നരകത്തിലേക്കാണ് പോവുകയാണെങ്കിൽ ആ പോക്ക് ഇങ്ങനെയായിരിക്കുന്നു അങ്ങനെ മരിച്ചവരുടെ പോക്ക് ഇത് മഹാഭാരതത്തിൻ്റെ ഒരു ശ്ലോകമാണ് മോക്ഷപ്രവർത്തകർ മഹാഭാരതത്തിന്റെ മോക്ഷപ്രവത്തിന്റെ ഈ നമ്പറിൽ ഇങ്ങനെ ഒരു ശ്ലോകം ഇല്ല എവിടെയെങ്കിലും കാണുമായിരിക്കും കൂടുതലും ഞാൻ അന്വേഷിക്കാനൊന്നും പോയില്ല എന്താണ് ഈ പറയുന്ന സ്ഥലത്തൊന്നും വരില്ല ഇമ്പോട്ട് പോക്ക് കുറച്ച് നോക്കി എവിടെയെങ്കിലും കാണുമായിരിക്കും എന്ന് വിചാരിച്ച് ഞാനങ്ങ് കേട്ടു അപ്പൊ മരിച്ചവരുടെ പോക്ക് ഇങ്ങനെ പോവുകയാണെങ്കിലും കഷ്ടമാണ് ഈ അർത്ഥം ഇത് ഞാൻ ഊഹിച്ച അർത്ഥം കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ശ്ലോകത്തിന്റെ അർത്ഥം മനസ്സിലാകുമെങ്കിൽ നമ്മൾ കൃത്യമായി ആ ശ്ലോകം സന്ദർഭം മനസ്സിലാകും അങ്ങനെ ഒരു ശ്ലോകത്തിന്റെ കൃത്യമായ അർത്ഥം അത് മനസ്സിലാകാൻ കഴിയുമ്പോൾ ഇദ്ദേഹം ഒട്ട് വ്യാഖ്യാനിപ്പിച്ചിട്ട് ആഭാരത്ത് നോക്കിയിട്ട് കാണുന്നുമില്ല അപ്പം ഞാനൊരു അർത്ഥം ഊഹിച്ചു ഊഹാപോഹം ഇരവഴിയില്ല എന്റെ ഊഹിച്ച അർത്ഥം എന്ന് പറയുന്നത് എറുപത്തെട്ടായിരിക്കാം ശരിയായിരിക്കാം നമ്മൾ വേറെ കണ്ടുപിടിച്ചു അടുത്തു വരുന്നത് ബദ്ധവൈരാണിഭൂതാ കുറവതോ അനിമോഹേന വ്യാപാരം ഇത് വിഷരാണ് ഗവൺം പറയുന്ന ഏതാണ്ട് ദേശീയ വിഷ്ണുരാണും ധാരാളം ഉദ്ധരിക്കുന്നു നോ തൊണ്ണൂറ്റൊമ്പത് ശതമാനം അതിൽ ഒരു മാറ്റവും വന്നിട്ടില്ല കറക്റ്റാണ് വിഷ്ണുവിരാണും ചെറുതാണ് അതുകൊണ്ടാണ് മഹാഭാരതം വളരെ വലുതാണ് അതൊക്കെ തന്നെ നമ്മളിലും അധ്യായവും എല്ലാം കറക്റ്റേ അപ്പൊ സന്ദർഭ നോമ്പ് പ്രഹ്ലാദം എന്താണോ ബദ്ധവൈരാണി ഭൂതാരി പ്രാണികൾ പരസ്പര വിരോധത്തോടുകൂടി ദേഷ്യത്തോടേ പരസ്പരം ദേഷ്യിക്കുകയാണെങ്കിൽ അതിമോഹേന വ്യാപ്താരി അവരുടെ അങ്ങേറ്റം നിറഞ്ഞിരിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് വിശ്വസിയായിരുന്നു ഇതി മനുഷ്യൻ എന്നാണ് വിദ്വാന്മാരുടെ അപ്പോൾ പ്രാണികൾ പരസ്പര മനുഷ്യരോട് ചേർത്തിട്ടാണ് അപ്പോൾ എല്ലാ പ്രാണികളും പരസ്പര വിദ്വേഷത്തോടുകൂടി വിദ്വേഷിക്കുകയാണെങ്കിലും പരസ്പരം ആക്രമിക്കുക അതൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം ഒന്നാണ് മോഹം കൊണ്ട് അതുകൊണ്ട് വിദ്വാൻമാരെ ചെയ്യുന്നു ചോദിക്കപ്പെടേണ്ടവരാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചത് ശരിയാണെന്ന് പരസ്പരം വിശേഷിക്കുന്നവരെ കുറിച്ച് ദുഃഖിക്കുന്നു ഇപ്പൊ പണ്ഡിതന്മാർ ഇവിടെ പ്രത്യേകം പറയുന്നു മരീഷിക്കണ പണ്ഡിതന്മാർ തന്നെ പ്രത്യേകം പറയുന്നു എന്താണോ മരിച്ചവരെ കുറിച്ചും ദുഃഖിക്കണം ജീവിച്ചവരെ ഇവിടെ എന്താ പറഞ്ഞത് പണ്ഡിതന്മാര് മരിച്ചവരെ കുറിച്ചും ദുഃഖിക്കുന്നില്ല ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചും ദുഃഖിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ എന്താണ് അത് ശരിയാകുന്നതിന് വേറെ അർത്ഥം എന്താണ് പണ്ഡിതാനാമേവ സപ്രാണ നിഷ്പ്രാണ വിഷയ സ്വാതന്ത്ര്യമാണ് ഇനി അശോച്യാൻ അന്യശോച ഇത്യസ്യപക്ഷ്യമാണ് പിന്നെ ഇതിന്റെ വിശദീകരണം മുമ്പോട്ട് വരും പറയാൻ പോകുന്നു അവിടെ എന്താ മനസ്സിലാക്കുന്നത് അവിടെ പറയുന്നു അഭ്യക്തോയും അചന്തിയോയും എന്നെല്ലാം പറയുമ്പോൾ എന്താണ് ആത്മാവിനെ കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യമില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അഥച്ച നിത്യരാമം നിത്യമായും എന്താണ് ഇത് മരിക്കുന്നു എന്നു വരുന്നത് ശരീരമാണ് ശരീരം മരിക്കുന്നു ഞാനും ദുഃഖിക്കേണ്ട കാര്യമില്ല ആത്മാവാണെങ്കിലും അത് മരിക്കുന്നില്ല അതുകൊണ്ട് അതിനെ കുറിച്ചും ദുഃഖിക്കേണ്ട കാര്യമില്ല അഗതാസംന്ന് പറയുന്നത് എന്താണ് മരിച്ചവരും ജീവിച്ചവരും അല്ല പിന്നെ എന്താണ് ശരീരവും ആത്മാവുമാണ് ശരീരം എന്തായാലും നശിക്കുന്ന അതിനെ കുറിച്ച് ദുഃഖിക്കേണ്ട ആത്മാവ് നശിക്കുന്നില്ല അതിനെ കുറിച്ചും ദുഃഖിക്കണ്ട എന്നാണ് ഇനി പറയുന്നത് അതുകൊണ്ടാണ് താനിവിടെ ഇങ്ങനെയൊരു അർത്ഥം പറഞ്ഞെന്ന് കാണുന്ന ഭാഷകാലം പറഞ്ഞെന്ന് ഇദ്ദേഹം പറഞ്ഞു അതിന് ഇദ്ദേഹം വ്യാഖ്യാനം കൊണ്ട് സമൃദ്ധിക്കുകയാണ് നിത്യസ്യാത്മന അനിത്യസ്യ ശരീരസ്ഥിത അശോചനീയ എന്നതാണ് നിത്യമായ ആത്മാവിനെ കുറിച്ചും പണ്ഡിതന്മാർ ദുഃഖിക്കുന്നില്ല അനിത്യമായ ശരീരത്തെക്കുറിച്ചും ദുഃഖിക്കുന്നില്ല പക്ഷമാണ് വ അത്രാമേ തത്വിഷയത ഏത് അതുകൊണ്ടെന്താണ് ഇതാണ് ശരി അതാണ് ഒരർത്ഥം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഏതു തരത്തിലും ന്യായീകരിക്കാം പ്രമാണോ പരിചയം വേണം ഇദ്ദേഹത്തിന് മഹാഭാരതവും എല്ലാം ഉണ്ട് വ്യക്തി സാമർഥ്യം വേണം അപ്പോ ഭാഷ്യകാരൻ പറയുന്നു ഭാഷ്യകാരനെ അനുകൂലിക്കുന്നവർ പറയുന്നത് എന്താണ് അവര് പറയുന്നത് ഇത് ശരിയായ രീതി എന്ന് കാരണം ഒഴിവാക്കുന്ന പ്രസിദ്ധമായ അർത്ഥത്തെ മാറ്റി ഇട്ട് പിന്നെ വേറെ അതിന് ന്യായീകരണങ്ങളുണ്ട് അവരുടെ അത് ഇതൊന്ന് ശരിയായ കാര്യം പറയുന്നത് ക്ഷിണാമുഖാർത്ഥം എങ്ങനെയൊക്കെ ഇതിന്റെ മുഖ്യമായ പ്രസിദ്ധമായ അർത്ഥം ഇത് തന്നെയാണ് അത് ആ അർത്ഥം തന്നെ ഇടങ്ങുന്നതാണ് എന്റെ മരിച്ചവർ എന്നൊരു അർത്ഥം ഉണ്ടെങ്കിൽ ആർത്ഥോട് വിടുന്നു ആടാവിടുന്നു അത് വിട്ടിട്ട് മറ്റൊരർത്ഥം എടുക്കുകയും പിന്നെ വ്യാഖ്യാന കസർത്തുകൾ നടത്തുകയും ശരിയാക്കി ആ സംബത്വം വന്നിന് ഒരു കുഴപ്പമില്ല മരിച്ചതിനെ കുറിച്ച് ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് വിദ്വാൻമാർക്കുന്നില്ല എന്താ കൊടുക്കും അതിന്റെ അർത്ഥം അതല്ലേ നിങ്ങൾക്ക് പൊരുത്തപ്പെടാൻ മയുന്നേ ഉള്ളു യഥാസുഖം വെച്ചാൽ എന്നാണ് അവിടെ പറയുന്നത് എന്താണ് നിങ്ങൾക്ക് പൊരുത്തപ്പെടാൻ പറ്റുമോ ഇല്ലേന്നുള്ള എന്താ ആ വാക്കിന്റെ അർത്ഥം ഉണ്ടെന്നാണ് യഥാസുഖം എന്താണ് അതിന്റെ പ്രസിദ്ധമായൊരു അർത്ഥമാണ് അതിനൊരു നിയമമുണ്ട് എന്താണ് രൂഢി യോഗം അപ്പൊ അത് രൂഢമായൊരു അർത്ഥമുണ്ടെങ്കിൽ അവിടെ അത് തന്നെ സ്വീകരിക്കണം അവിടെ യോഗാർത്ഥം സ്വീകരിക്കണം യോഗാർത്ഥമെടുത്താലും എങ്ങനെ ഇതിനെ വിഗ്രഹിക്കുന്നുള്ള പ്രശ്നം പോലെ അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ വിഗ്രഹിച്ചു കഴിഞ്ഞാൽ ഗതവഹ ഗതാഹ അസഭ യസ്മ അങ്ങനെ അസുക്കൾ എവിടെ നിന്നാണോ പോയതും എന്ന് പറഞ്ഞാൽ അത് മൃതശരീരമാണ് കേവല ശരീരം നല്ല അപ്പോ മൃതശരീരത്തെ കുറിച്ച് ദുഃഖിക്കുന്നില്ലെന്ന് പറയുന്നതിന്റെ അർത്ഥം അസുക്കൾ പോയത് ഏതാണ് മൃതശരീരങ്ങളാണ് അതിനെ കുറിച്ച് ദുഃഖിക്കുന്നില്ലെന്നും അതിലർത്ഥം അപ്പോ പ്രസിദ്ധമായൊരർത്ഥത്തെ വിട്ടുകഴിഞ്ഞാൽ പിന്നെ പല ഇതുപോലെയുള്ള വൈഷമ്യങ്ങളൊക്കെ അപ്പോ അങ്ങനെ ഒരു അർത്ഥം പറഞ്ഞതിലൂടെ വിശേഷിച്ച് പ്രയോജനമൊന്നും ഒന്ന് നേടാൻ പോകുന്നു പിന്നെ ഇപ്പോ അർജുനെ സംബന്ധിച്ചെന്താണ് ഞാൻ നിമിത്തമായി ഇവരെല്ലാം വരികയും ഞാനവരെ കൊല്ലേണ്ടി വരും അപ്പോ ഇതാണ് അതിനു ഞാൻ പറയുന്നത് അതിനൊരു ദുഃഖത്തിനും അതാണ് ഇവരെയൊക്കെ കൊല്ലുന്നതിന് പക്ഷേ ഭക്ഷാടങ്ങൾ നല്ല അതാണ് മരിച്ചവരെ കുറിച്ചുള്ള പ്രാണൻ പോയവരെ കുറിച്ചുള്ള തന്റെ ഗുരുക്കന്മാര് അതാണ് അർജുനന്റെ ദുഃഖം അല്ല യുദ്ധത്തിന് അർജുന പ്രസിദ്ധ സഹോദരന്മാരും കൊല്ല ഗുരുക്കന്മാരൊക്കെ പത്രൃ പിതാവന്മാരാരക്കാളും കൃപ്പരുണ്ട് ശല്യരു എല്ലാവരും ബന്ധുക്കളാണ് യുദ്ധത്തിന് എതിരെ നീങ്ങുന്ന മുഴുവനാരാണ് ശബരി ഉൾപ്പെടെ എല്ലാം ബന്ധുക്കളാണ് അല്ലാതെ അന്യ പ്രധാനികളെല്ലാം ബന്ധുക്കളാണ് ഏതെങ്കിലും എന്തെങ്കിലും രക്തബന്ധമുള്ളവരോ പിന്നെ നേര സഹോദരന്മാരോ ഗുരുക്കന്മാരും അവരെല്ലാം ഗുരുക്കന്മാരുമാണ് ഇവരെല്ലാം ചെറുപ്പരും ദ്രോണനും ഭീഷ്മരും എല്ലാം ഗുരുക്കന്മാരുമാണ് എങ്ങനെ കൊല്ലും എന്നൊരാൾ ചിന്തിക്കുന്നത് അതാണ് ചിന്ത മരിച്ചവരെ കുറിച്ചുള്ള ചിന്തയാണ് ഞാനവരെ കൊല്ലും അവർ മരിക്കും ആ ചിന്ത ഉള്ളൊരു അത് പറഞ്ഞുള്ള ദോഷവും ഉണ്ട് ആത്മാവും ദേഹവും നിൽക്കുന്ന യാതൊരു ആവശ്യമില്ല പുതിയ അർത്ഥം എന്ന് പറയുന്നു പ്രസിദ്ധമായ അർത്ഥത്തെ ഉപേക്ഷിച്ചു അത് ശബ്ദത്തിന് പ്രസിദ്ധമായി അർത്ഥം ഇനി ഇതിന് അർത്ഥം പറയാൻ പോയി സമാസം ഞാൻ പറയുന്നു സമാസത്തിന് മറ്റും പ്രസരമായി അതുകൊണ്ട് വിശേഷിച്ച് പ്രയോജനം അതൊരു ദോഷമാണ് അർത്ഥത്തെ ഉപേക്ഷിച്ചത് േഹസ്വഭാവോ നിത്യസ് കഥം അനോരശോചിത് യുദ്ധാതിക ആത്മപ്രാപ്തി ഉപായൂതം ഇത്യാശങ്കവിഷയതയാത്രക്രമേണ വിവർണോതി മൂന്ന് കാര്യങ്ങളാണ് ശരീരത്തെ കുറിച്ച് ദുഃഖിക്കണ്ടെങ്കിൽ എന്തുകൊണ്ട് ദുഃഖിക്കാതിരിക്കണം ആത്മാവിനെ കുറിച്ച് ദുഃഖിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ട് ദുഃഖിക്കാതിരിക്കണം പിന്നെ വേറെ കാര്യം പറഞ്ഞാൽ എന്താണ് ഘോരം യുദ്ധാധികം ആർമപ്രാപ്തി പോയ ഘോധം യുദ്ധം ഘോരമാണ് ഭാഷകാരൻ പറയുന്നു അത് ഘോരമാണ് തീം കർമ്മണി ഘോരേ മാസ അർജുനൻ തന്നെ സഹികട്ട് ചോദിച്ച ഇത്രയും ക്രൂരമായൊരു കർമ്മത്തിൽ എന്നെ എന്തിനു പ്രേരിപ്പിക്കുന്നു അപ്പൊ അത് വ്യാഖ്യാതാക്കെല്ലാം യുദ്ധം ക്രൂരമായ അതിനെ എന്താണ് അതിനാണ് ഭാഷ്യത്യസ്തം ഇതന്റെ യുദ്ധം മതാവിസഞ്ചനയിലും വൃത്തിവിശേഷ സംസ്കൃതം ഇവരെല്ലാ ഭാഷ്യക്കാരനും വ്യാഖ്യാതാക്കൾ എല്ലാവർക്കും ഒരേ സ്ഥലത്തിൽ പറയുന്ന കാര്യമാണ് എന്താണ് യുദ്ധമെന്ന് പറയുന്ന ഫോരം നിർമ്മിച്ചതിനെല്ലാം വേറെ ഹിംസാത്മകമാണ് പ്രത്യേകിച്ചും ഗുരുക്കന്മാരെ കൊണ്ട് ബന്ധുക്കളൊക്കെ തുക ഇതൊക്കെയാണെങ്കിലും വിശേഷ സംസ്കൃതത്വമാണ് ക്ഷത്രിയന്റെ ബുദ്ധിക്ക് ബുദ്ധിക്ക് ശുദ്ധിയുണ്ടാക്കുന്നു ബുദ്ധിവിശേഷത്തെ ബുദ്ധിക്ക് വിശേഷ സംസ്കാരം ഉണ്ടാകുന്നതുകൊണ്ട് ഞാൻ കുഴപ്പമില്ല കൊന്നു കൊന്നുകഴിഞ്ഞാൽ അതങ്ങനെയാണ് പഴയ കാലത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് വെട്ടിയും കൊത്തിയും ആടിച്ചും പിടിച്ചു കീറിയും നെഞ്ചു പിളർന്നും ഇങ്ങനെയൊക്കെയാണ് കൊല്ലുന്നുണ്ട് ഇന്നത്തെ പോലെ എന്താണ് ഏക കോഴി ഒടിവെച്ച കിടുകയൊക്കെ സെക്കൻഡ് കൊണ്ട് തീരും മറ്റങ്ങനെന്താ മരിച്ചു ഇരിക്ക കൊല്ലുന്നു പോരാളിങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അയാൾ എന്തൊണ്ടാവും ചിത്രശുദ്ധി ഉണ്ടാവുമെന്നൊന്നുകൊണ്ട് തോന്നുന്നുണ്ട് അറിഞ്ഞുകളും തോന്നും അങ്ങനെ തോന്നരുത് തോന്നാ കാര്യം നിങ്ങൾക്കൊണ്ട് ശത്രുക്കളല്ല നിങ്ങളുടെ ഇതൊക്കെ ചെയ്തുകൾ എന്താണ് കടിച്ചു പറിച്ചൊക്കെ ആൾക്കാർക്ക് ഒന്നാണെങ്കിൽ നമ്മള് ചെറിയ അടിപൊളി നടത്താറില്ലല്ലോ അത് വലുതായിട്ട് എന്തായാലും സംഭവം എവിടെ ചെന്നു പക്ഷെ ചിത്തശുദ്ധിക്ക് കാരണമാകുമെന്ന് നമ്മൾ പറയാം എങ്ങനെ എങ്ങനെയൊരു ചിത്തശുദ്ധി ഉണ്ടാകും ഒരാളെ കൊല്ലുമ്പോ അവര് വേദനിക്കുമ്പോൾ അവൻ നല്ല വിളിക്കും കരയും മഹാഭാരത അഭിമന്യുവിന്റെയൊക്കെ പുലർന്നേദനയാണ് ഒരുപാട് പേര് ഒരുപാട് അസ്ത്രങ്ങൾ പ്രയോഗിച്ച് ദേഹം കൊള്ളും കുറിഞ്ഞ് അവസരം അടിച്ചു വന്നു കഴിഞ്ഞു അപ്പൊ ഇങ്ങനെയൊക്കെ പിള്ളേരെയൊക്കെ അടിച്ചു വന്നു കഴിഞ്ഞാൽ ചിത്രശുദ്ധി ഉണ്ടാവുന്നതെങ്കിൽ ഇത് എവിടത്തെ ന്യായമാണെന്ന് മനസ്സിലാക്കാത്ത നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഉണ്ടാവും അപ്പൊ ഇത് യുദ്ധത്തിന്റെ ഒരു അതാ യുദ്ധം കൊണ്ടാകുന്ന ചിത്തശുദ്ധി ഉണ്ടാകുന്ന ഒരു വഴിയിൽ അന്ന് മറ്റൊരു തന്നെ കൊല്ലുമ്പോൾ ഹിംസിക്കുമ്പോൾ ചിലപ്പോ അവൻ വളരെ ക്രൂരനാണെങ്കിലും മറ്റൊരു തന്നെ തന്റെ ശത്രുന്ന് കിടുമ്പോൾ അവർ സന്തോഷമുണ്ടാവും അതാണോ എൻ്റെ ചിത്രശ അവൻ മരിച്ചു ഞാൻ ജയിച്ചു ഞാൻ മരിച്ചില്ല അങ്ങനൊരു സന്തോഷമുണ്ടാവും ഇതിനെ ചിത്രം ശുദ്ധിക്കുന്നു എന്തവിടെ ചിത്രശുദ്ധി അത് ഇത്രയൊക്കെ പറയുന്നതാണ് പഴയ ജാതകണ്യ വ്യവസ്ഥയനുസരിച്ച് ക്ഷത്രിയ ഉടച്ചു പറഞ്ഞവരെ കൊണ്ട് യുദ്ധം ചെയ്യിക്കുക അവർ ചെയ്തേ ഇതാണ് എല്ലാവരും പറയുന്നത് ഭാഷകാരും പറയുന്നതാണ് ഛാത്രം ധർമ്മം യുദ്ധം ഛാത്രം ക്ഷത്രിയന്റെ ധർമ്മമാണ് യുദ്ധം അത് ചെയ്തത് അവനാ പ്രവൃത്തിയിലേക്ക് അവന് അതിന് ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഏർപ്പെടുത്തുമ്പോ അതിന്റെ ഹിംസാത്മകമായ വിവശത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ചിന്തിക്കാൻ അവരെ കൊണ്ട് യുദ്ധം ചെയ്തിരിക്കുക യുദ്ധത്തിൽ യുദ്ധം ചെയ്യുന്നവൻ മരിച്ചുപോയാലും ഉപദേശിക്കുന്നവനൊരു നഷ്ട ജയിച്ചാലോ ഉപദേശിക്കുന്നവരും നഷ്ടമാണ് ലാഭം ഉപദേശിക്കുന്നവർ ആരോ അയാൾക്ക് ലാഭവും ജയിച്ചു കഴിഞ്ഞാൽ മറ്റു കഴിഞ്ഞാൽ അവര് നഷ്ടം അവൻ പോയി വേറെ തന്നെ യുദ്ധത്തിൽ നടക്കും ഇത് എന്താണ് പഴയ പ്രാകൃതമായ ചതുറോണ്ട വ്യവസ്ഥയുടെ ഒരു ദുർമുഖമാണ് അതാ യുദ്ധവും ചിത്തശുദ്ധിയുമായിട്ട് ഒരിക്കൽ യോജിപ്പിക്കാനേ പറ്റും മാഹിംസ്യ സർവാഭൂതായി ഇതും പറഞ്ഞാൽ അതും കൂടെ പറയാൻ പറ്റും പക്ഷെ ഇവിടെ മാത്രമല്ല മഹാഭാരതത്തിന് യുദ്ധസന്ദർഭങ്ങളിലെല്ലാം ഇതിനു വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയും പല സന്ദർഭങ്ങളും അത് മാത്രമല്ല ഇനിയിപ്പോ യുദ്ധത്തിൽ നിങ്ങൾ യുദ്ധത്തിൽ പങ്കെടുത്തവരുത്തന്നെ കൊന്നാമോ അപ്പൊ നിങ്ങള് ചാവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സ്വർഗദ്വാരം അഭാവം എന്തായാലും സ്വർഗത്തോ ഇവിടെ ചത്യശുദ്ധിയൊന്നും വന്നില്ലെങ്കിലും ഒരു നഷ്ടം അപ്പൊ യുദ്ധം ചെയ്യുന്നവരെ സംബന്ധിച്ചൊരു നഷ്ടം അവര് സ്വർഗം കിട്ടും മരിക്കണം അപ്പൊ അതിന്റെ പിന്തിരിയാകും കാടൻ ചിന്തകളാണ് എന്നതിനെക്കുറിച്ച് പറയാൻ പറ്റും ഇന്നത് ഇന്ന് ഇങ്ങനെ ഇന്ന് പറയാൻ പറയാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരായി മാറും ജിഹാദികളായി മാറും ജിഹാദി ജിഹാദി ആശയങ്ങൾ കൊല്ലുക കൊല്ലുന്നതിൻ്റെ ഇടയ്ക്ക് മരിക്കുക മരിച്ചാലവിടെ പോകണം സ്വർഗത്ത് പോകാം ഇത് വളരെ പ്രാകൃതമായ ചോദിച്ചു പക്ഷെ വെറുതെ മനുഷ്യങ്ങനെയൊക്കെ വിശ്വസിച്ചിരുന്നു അതാണ് വിശ്വാസത്തിൽ പോരായ്മേണ്ടി അങ്ങനെ അതുകൊണ്ട് അവിടെ പറയുന്ന യുദ്ധം ബുദ്ധിവിശേഷം സംസ്കൃതം ആത്മയാഥാർത്ഥ്യം ഇതെന്താണോ ആത്മചിത്തശുദ്ധിയുണ്ടായ ആത്മജ്ഞാനത്തിന് കാരണം അത് ശരിയാണിപ്പോ നമ്മൾ കർമ്മങ്ങൾ മറ്റു കർമ്മങ്ങൾ അിംസാത്മകമായ കർമ്മമല്ല ഈതയെ പറയുന്നു അഹിംസയെ അഹിംസ സത്യവസ്ഥയും ഈതയെ തന്നെ രണ്ടും കൂടെ എങ്ങനെ ചേരും ഒരിടത്ത് പറയുന്നു അഹിംസ ഇവിടെ പറയുന്നു കൊല്ലാൻ പറയും അറയ്ക്കാതെ കൊണ്ടാൻ പറയും അപ്പൊ അത് യോജിക്കുന്നവരെ ഇത് അന്നത്തെ ഒരു താരത്തിന്റെ ആവശ്യത്തിന് വേണ്ടി എത്രയും മരണത്തോടെ യുദ്ധമായതുകൊണ്ട് അവരെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി അന്ന് പറഞ്ഞുകൊടുത്ത ഒരു പാഠമാണ് എന്തിനയും കൽപ്പിക്കാൻ പാടില്ല ഒരു വ്യക്തിയെ കൊല്ലുക മാത്രമല്ല നമ്മൾ വാക്കുകൊണ്ടോ മറ്റ് പ്രവൃത്തികൾ കൊണ്ടോ ഒരു വേദി ഒരു വ്യക്തിയെ വേദനിപ്പിച്ച പോലെ ഹിംസയെന്നാണ് പറയുന്നത് നമ്മളൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ ചെയ്യുന്നത് ഹിംസയാണ് അപ്പൊ പിന്നെ എന്താണ് ഇങ്ങനെ വെട്ടിയും കൂത്തിയൊക്കെ കൊല്ലുന്നത് ഹിംസയാണ് അല്ല എന്നിങ്ങനെ പറയാൻ പറ്റും അവിടെ പിന്നെ ഇങ്ങനെ കൃത്യം ഈ പറഞ്ഞ എന്റെ അഭിപ്രായങ്ങൾ വിധി പറയുന്നത് ഗൂഢാചാര്യന്മാരെ വ്യാഖ്യാനിക്കുന്നതൊക്കെ കൊല്ലാന്ന് ക്ഷത്രിയനാണെങ്കിൽ കൊന്നാണ് പിന്നെ ഈ ശ്ലോകത്തിന്റെ ഭാഷത്തിൽ ഭാഷ്യകാരം പറയുന്നത് എന്താണോ ഭാഷ്യകാരം പറയുന്നത് ഇവിടെ പറയുന്ന ഇതൊന്നുമല്ല സർവകർമ്മസന്യാസപൂർവമായ ആത്മജ്ഞാനനിഷ്ഠ അതാണ് പറയുന്നത് അതാണ് പറയുന്നത് സർവകർമ്മങ്ങളെ ഉപേക്ഷിച്ചുള്ള ആത്മജ്ഞാനനിഷ്ഠ പക്ഷേ ചോദ്യം വരും അർജുനനോട് പറയുന്ന എന്താണ് അസ്മാധ്യസ്വാരത നിധ്യം ചെയ്യൂ ഒരു കർമ്മയത് അസ്മാവും ഈ കർമ്മം തന്നെ ചെയ്യണം ഇതൊക്കെ പറയും പിന്നെ സർവകർമ്മ സന്യാസപൂർവമായ ആത്മജ്ഞാനനിഷ്ഠ അതിനാ പറയുന്നു പറയുന്നത് അർജുനന് വേണ്ടി പറയുന്നെ എന്താ വേണ്ടി പറയുന്നു ഏ ർക്കു വേണ്ടി ബ്രാഹ്മണന് വേണ്ടി പറയുകയാണ് പറയാനെന്താ കേട്ട് ചന്ദ്രാചാര്യോട് ജീവിച്ചിരിക്കുന്നതാണ് സർവകർമ്മ സന്യാസപൂർവകമായ ആത്മജ്ഞാനിഷ്ട അത് അർജുനന്റെ സ്വധർമ്മമല്ല അത് സ്വധർമ്മം അത് ബ്രാഹ്മണന് വേണ്ടി പറയുകയാണ് പിന്നെ അർജുനൻ ചെയ്യുന്നു യാസവും വീടെ കൊന്നുകൊന്നു കൊന്ന് ചിത്രശുദ്ധി നേടിയിട്ട് നേടിയിട്ട് ജ്ഞാനത്തെ പ്രാപിക്കും കൊലയുടെ കാര്യത്തിൽ ആർക്കും ആരും ഒരു വട്ടി വെച്ചിരിക്കില്ല അർജുനൻ ഇതിനധികാരില്ല സർവകർമ്മ സന്യാസപൂർവമായ ആത്മജ്ഞാന അർജുന അധികാരി ഭക്ഷ്യകാരൻ പറയുന്ന ഇദ്ദേഹം പറയുന്നു അത് അധികാരിയെ നോക്കണം ഇദ്ദേഹം പറയുന്ന ഈ കാര്യത എന്താണോ യുദ്ധം ചെയ്താൽ ചിത്തശുദ്ധി ഉണ്ടാവും രണ്ടുപേരും പറയും അപ്പോ സർവകർമ്മ സന്യാസമുള്ള ആത്മജ്ഞാന നിഷ്ഠീകരിക്കണമെങ്കിൽ ചിത്തശുദ്ധി വരണം ചിത്തശുദ്ധീകരണമെങ്കിൽ യുദ്ധം ചെയ്യും സ്വധർമ്മം അഭിജാപേക്ഷം നഭികമ്പിന് അധികം ഇതിന്റെ സ്വധർമ്മമാണെന്ന് നീ വിറയ്ക്കരുത് സ്വധർമ്മം തന്നെ ചെയ്യുന്നു എന്നു പറഞ്ഞാൽ ചെയ്യണം എന്താ ചെയ്യുന്നു എന്താ ഗം ഇതിനെ നമ്മൾ ന്യായീകരിക്കാൻ പോയി കഴിഞ്ഞാൽ വലിയ അപകടമാണ് ഗീത തൊഴിലാളികളെ പ്രത്യേകം ഇത് മനസ്സിൽ ഓർത്തുവന്നു ഏ ആ അത് നിങ്ങൾ എന്ത് വേണോ പറഞ്ഞോളൂ ഇത് മാത്രം പറയുന്നത് എന്നോട്ടൊരാളാണ് അടുത്ത കാലത്ത് പറയുന്നത് ഇത് സ്വാമി വ്യാഖ്യാനിക്കുന്നത് പോലെയല്ല ഞാൻ വ്യാഖ്യാനിക്കും വെരി ഗുഡ് ഞാൻ വ്യാഖ്യാനിക്കുന്ന പോലെയല്ല എന്നാണ് വ്യാഖ്യാനിക്കുന്നതെന്ന് പറയുന്നത് ശരി തന്നെയാണ് എന്തുകൊണ്ട് നമ്മളൊന്നുമില്ല ഒരു വലിയ വ്യത്യാസമുണ്ട് എന്താണ് ഏ ഈ വ്യാഖ്യാനം സംസ്കൃതം അറിയത്തില്ല എനിക്ക് കുറച്ചറിയാം വായിച്ചാൽ മനസ്സിലാവും ഇല്ലായിരുന്നു വ്യത്യാസം അപ്പൊ ഇത് വായിച്ചാൽ മനസ്സിലാവുന്നവന് മറ്റൊരു വ്യാഖ്യാനിക്കാൻ ബുദ്ധിമുട്ട് കൊണ്ടു വായിച്ചാൽ മനസ്സിലാകാത്തവന് എന്ത് വ്യാഖ്യാനം വരും വയ്ക്കാൻ അവിടെ ഒരു വയ്ക്കുന്നു അറിവില്ലായ്മ കൊടുക്കുന്ന ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് അറിവുള്ളവന് കൊടുക്കുന്ന ആത്മവിശ്വാസ തക്കാളും വലുതാണ് അവൻ വ്യാഖ്യാനിച്ച തള്ളം പോലെ മറ്റൊരുവിനൊന്നും ചെയ്യാൻ പറ്റില്ല ഇവരെല്ലാം ആ സംസ്കൃതം അറിയാത്ത ഇവരാളെങ്കിലും മാറ്റി വ്യാഖ്യാനിച്ചു നമ്മൾ നോക്കുക ഈ പ്രാചീന വ്യാഖ്യാനം ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു വ്യാഖ്യാനം കൊല്ലരുത് എന്ന് പറയുന്ന ഒരു വ്യാഖ്യാനം ഞാൻ കണ്ടിട്ടില്ല എന്റെ ഗാന്ധിജിയെ പോലെയും വിനോഭാവ പാവയെ പോലെ ഉള്ളവരൊക്കെ ഗാന്ധിജി വ്യാഖ്യാനിച്ച ഗാന്ധിയുടെ ശിഷ്യന്മാരൊക്കെ അങ്ങനെ വ്യാഖ്യാനം സംസ്കൃതം അറിയാത്തതുകൊണ്ട് വ്യാഖ്യാന സംസ്കൃതം അറിയാത്തത് അത് മാറ്റി പറയാൻ പറ്റില്ല അപ്പൊ അതങ്ങ് വിടുക ബാക്കി ഭാഗങ്ങൾ എടുക്കുക എന്നാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പ്രാചീനമായൊരു ഗ്രന്ഥം കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തിന് യോജിക്കാത്ത ഭാഗങ്ങളും കുട്ടികളായി പിന്നെ ഇന്നത്തെ കാലത്തിന് സ്വീകരിക്കുന്ന ഭാഗങ്ങൾ എടുക്കുക അതേ അതുകൊണ്ട് ഗ്രന്ഥം മുഴുവൻ നമുക്ക് സക്തമാക്കില്ല നല്ല ഭാഗങ്ങളുണ്ടെങ്കിൽ എടുക്കുക നല്ല ഭാഗങ്ങളുണ്ട് ഗീതയ്ക്കാത്തത് എടുക്കുക ബാക്കിയുള്ള കുട്ടികളായിരിക്കാം അല്ല ഇതെല്ലാം കൂടെ കൊണ്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇതെന്നെ ന്യായീകരിക്കാൻ പോയി കഴിഞ്ഞാൽ അഹിംസയെ ന്യായീകരിക്കാൻ പോയി കഴിഞ്ഞാൽ എന്താണ് നമ്മൾ തന്നെ ഹിംസയ്ക്ക് വിധ ചെയ് കഷ്ടമുള്ള കാര്യമാണ് ഇപ്പൊ ഇവിടെ ഇസ്രായേലും ഹമാസും തമ്മിൽ നടക്കുന്ന ഹമാസും ഒരു അവിടെ അവിടെയുള്ള ആൾക്കാരെയൊക്കെ വെട്ടിക്കൂർന്ന് വെടിവെച്ച് വന്നു വേട്ടനാശങ്ങളൊക്കെ ചെയ്ത് സ്ത്രീകളെയൊക്കെ വളരെ ക്രൂരമായ രീതിയിൽ എല്ലാം ചെയ്ത് കുറെ ഇടത്തിനൊക്കെ പിടിച്ചോണ്ട് പോയി ഇതൊക്കെ ചെയ്ത് അവർ പറയുന്ന ന്യായീകരണം എന്താണ് ഞങ്ങൾ സ്വാതന്ത്ര്യ സമര പോരാളികളാണ് പാലസ്തീന്റെ വിമോചനത്തിന് വേണ്ടി ഞങ്ങൾ ശ്രമിക്കുകയുള്ളു അവരെ അവർക്ക് ന്യായീകരണമുണ്ട് അവരങ്ങനെ വിശ്വസിക്കുന്നു പറയുന്നു കൊല്ലും ഞങ്ങളുടെ സ്വാതന്ത്ര്യ സമരമാണ് അപ്പോ ഹിംസെ സ്വാതന്ത്ര്യ സമരം ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എന്ത് പ്രവൃത്തിയാണെങ്കിൽ കാരണം ഇവരെ ഇറക്കി വിട്ടുകഴിഞ്ഞാൽ പിന്നെ അവന് എന്തേ ചെയ്യാം എന്നതാണ് ശരി എന്നാൽ മറുവശത്തുള്ളവരെന്താ ചെയ്യുന്നത് അവർ പറയുന്നു ഇതിന് പ്രതികാരം ചെയ്യുകയാണ് ഇവിടെ പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് പേരെ കൊല്ലിനും പത്തിരിക്കുകയൊക്കെ ചെയ്യില്ല ഇവിടെ മുപ്പത്തി ആറായിരം കടന്നിരിക്കുകയാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട് എനിക്കറിയിക്കില്ല മുപ്പത്തി ആറായിരം പേരെ കൊന്നതിന് കുട്ടികളും സ്ത്രീകളായിരുന്നു കൊണ്ടുവന്ന് ഈ വന്നു കൊന്നവന്മാരെ ഉപയോഗിക്കു ഒളിച്ചിരിക്കുകയാണ് അവരെത്ര പേരെ കൊന്നു എന്നുള്ളത് കൊന്നത് അവരാണെന്നുള്ളതിന അതുപോലെയാണ് ഇത് രണ്ടും കൊലയാണ് പല്ലിനും പല്ല് അപ്പോ ലോകം എന്ത് ചെയ്യുന്നു രണ്ട് ഭാഗത്തായിരിക്കും ഇവൻ ചെയ്ത ശരിയാണ് മറ്റവൻ ചെയ്തത് ശരിയാണ് ഇവൻ തെറ്റാണ് മറ്റും ചെയ്ത തെറ്റാണ് അത് രാഷ്ട്രീയം കൊലയിലെ രാഷ്ട്രീയം മനുഷ്യനെ രണ്ടു ഭാഗത്ത് നിർത്തുകയാണ് ഇത് രണ്ടുനെ അപലപിക്കുന്നവർ വളരെ കുറവാണ് കാരണം മനുഷ്യരാഷ്ട്രീയത്തിലെ ഏതുപോലെ ശരിയാകും ഇവിടെ സ്ത്രീകളെ പോകുന്ന ആണോ ശരി അതെ അവിടെ പോയി കുട്ടികളെ പോലെന്നാണോ ശരി ഇത് ഏറ്റവും പ്രധാനമായും ആവേശത്തോടെ പ്രസംഗിക്കുന്ന പ്രത്യേകിച്ച് സ്ത്രീകൾ ഇതൊക്കെ തലയിലെടുത്തുകൊണ്ടിടങ്ങുന്നവരാണ് ഇതിന്റെ ഇത് ഇങ്ങനെ ഒരു കാര്യം വന്നതിന് ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കേണ്ടി വരുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും അങ്ങനെ പുരുഷന്മാർക്കല്ല പുരുഷന്മാർ അവരാണ് പെരിയാടുകളാണ് അപ്പോൾ ഇതിന്റെയൊക്കെ ആവേശ പ്രസംഗം നടത്തുമ്പോൾ സ്ത്രീകളെങ്കിലും പ്രത്യേകിച്ച് ഓർക്കും അതൊക്കെ നമ്മുടെ തലയിൽ വരാൻ പോകുന്ന കാര്യമാണ് നമ്മൾ പുരുഷന്മാരും പോലെ ഇസ്രായേലിലാണെങ്കിൽ പട്ടാളത്തിൽ ധാരാളം സ്ത്രീകളുണ്ട് അതുകൊണ്ട് അവരെയും ഫലമാവുന്ന എന്തായാലും മഹാഭാരതത്തിൽ ഒരുപാട് എന്താണ് അവിടെ പട്ടാളത്തിന് ഒരു സ്ത്രീ കത്തില്ല രണ്ട് പട്ടാളങ്ങളിൽ അദ്ദേഹങ്ങൾ സ്ത്രീകരിച്ചു ആകെ ഒരു ട്രാൻസ്ലെൻഡർ അദ്ദേഹം ഒരു ട്രാൻസ്ജെൻഡർ ഉണ്ട് മൂന്നാം ലിങ്കും അത് മാത്രം മരിച്ചു ഒരു സ്ത്രീ മരിച്ചു അതെന്തായാലും ഒരു നല്ല കാര്യമാണ് അതുകൊണ്ട് തന്നെ മഹാഭാരതത്തിലൊരു സ്ത്രീ പർവുണ്ട് ഈ സ്ത്രീ പർവെന്ന് പറഞ്ഞാൽ എന്താ സ്ത്രീകൾ കിടന്ന് കരയുന്ന പർവ് അപ്പോ അവസാനം എന്റെ നഷ്ടം വരുന്ന ആൾക്ക് ചത്തവരെല്ലാം പോയി നരകത്തിലോ സ്വർഗത്തിലോ എവിടെയോ പോയി ഈ നഷ്ടം വന്ന് കരയുന്നത് മുഴുവൻ സ്ത്രീകളാണ് അത് മുഴുവൻ സ്ത്രീകളുടെ കാര്യത്തിലാണ് സ്ത്രീകർമ്മം കൊടുത്ത് സ്ത്രീകളുടെ നടപടിയാണ് അങ്ങനെ സ്ത്രീകളെ നിലവിളിക്കുന്ന മഹാഭാരതമാണ് ഇവിടെ സ്ത്രീകളും ഒരു ആദർശ ഗ്രന്ഥമാക്കി കൊണ്ടു നടക്കുന്നത് ആർഷ സം ആർഷ സംസ്കാരത്തിന്റെ ബലപ്പെട്ട ധനികളാണ് എന്ത് ഈ സ്ത്രീകളുടെ നിലവിൽ നടക്കുന്നവരെ ഒന്നുകൂടെ ചിന്തിക്കണം സ്ത്രീകൾ പുരുഷന്മാരും കോട്ടല്ലൊന്നിട്ടാണല്ലോ ലാഭം മറ്റവർ കൊല്ലാതെയാണ് നരയിൽ ചെയ്യുന്നത് ആരെയും കൊല്ലാതെ മഹാഭാരത അതാ കാണും അതുകൊണ്ട് യുദ്ധത്തെ മഹത്വപ്പെടുത്തുന്ന ഇനി വരുന്ന കാലത്തേക്ക് ിയെങ്കിലും മനസിലാകും ഇത് ഈ വ്യാഖ്യാനങ്ങളെന്ന് വായിച്ചിട്ടാണ് പറയുന്നത് നമുക്ക് യുദ്ധം ചെയ്യണമൊക്കെ എന്ത് വേണം ഗീത വേണം ഗീത നാട്ടിൽ മുഴുവൻ പഠിപ്പിക്കണം എന്തിനുവേണ്ടി ആൾക്കാർ കൊണ്ടെല്ലാം യുദ്ധം ചെയ്യിപ്പിക്കുക ആരോട് ആരോടാണ് സ്വന്തം സഹോദരന്മാരോടാണ് യുദ്ധം ചെയ്യുന്നത് അല്ല ആരും അന്യരൊന്നും അല്ല നിങ്ങള് ഈ ഭൂമിയിൽ ഒരു മതിന് കട്ടി വെച്ചിട്ട് ഇതിന് പുറത്തുള്ളവരൊക്കെ നമ്മളെ ശത്രുക്കളാണെങ്കിൽ അവരോ യുദ്ധം ചെയ്യാൻ പോയ അങ്ങനെ ശെരിയാവല്ലോ ഭൂമിശാസ്ത്രപരമായി നമ്മള് മനുഷ്യർ ഒരേ കൊല്ലത്തിപ്പെട്ടവരാണ് മനുഷ്യരല്ല എല്ലാം എന്താണ് ഹോമോസാഫിയൻസാണ് ഒരു വംശത്തിൽ പിറന്നാണ് ആഫ്രിക്കയിൽ പിറന്നാണ് എല്ലാം നമ്മുടെ പൂർവികൾ കണ്ടെത്തിയിട്ടുണ്ട് ലൂസി കേട്ടിട്ടുണ്ട് ലൂസിയുടെ സന്താനങ്ങളാണ് നമ്മുടെ അക്ക പക്ഷെ കണ്ടെത്തി പൂർവിക അപ്പോ അത് ആഫ്രിക്കയിൽ ഉണ്ടായി അവിടെ നിന്ന് ലോകം മുഴുവൻ വ്യാപിച്ചാകും ഓരോ സ്ഥലത്ത് പോയി എന്നിട്ട് ഒരു അതിർ വെച്ച് എന്നിട്ട് അതിരിനപ്പുറത്തുള്ളവനെ കൊല്ലുന്നു എന്നിട്ട് പറയുന്നു അവൻ മുസ്ലിമാണ് ഞാൻ ഹിന്ദു ആണ് ക്രിസ്ത്യാനിയാണ് അവൻ ഇതിന്റെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള എന്താണ് മനുഷ്യന്റെ വിവേകമില്ലായ്മയാണ് എന്നിട്ട് കൊല്ലുന്നതിന് വേണ്ടി ഗീത നല്ലൊരു സാധനങ്ങളെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നു അപ്പൊ അതിനെ സംബന്ധിച്ച് ഇത്രയൊക്കെയോ ഈ യുദ്ധത്തെ കുറിച്ച് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും ഇനിയും പറയും അത് നിങ്ങൾ സഹിക്കേണ്ടിയൊരു ക്യാൻസൽ ചെയ്ത വഴിയും പ്രഥമം താവത് ആത്മനാം സ്വഭാവം ശ്രുണു അടുത്ത പദ്യമാണ് ഇനി ആത്മസ്വഭാവത്തെക്കുറിച്ച് എന്താണെന്ന് പറയുന്നു നത്യവിവാഹം ജാഗ്രമാസം നത്വം നേനിയെ ജനാധിപാക നൈവന ഭവിഷ്യ സർവേ വയമത പരം രാമാനുജാചാര്യരെ സംബന്ധിച്ച് ഇവിടെ പോലാണ് ജീവിതം തുടങ്ങുന്നത് ശങ്കരാചാര്യരെ സംബന്ധിച്ച് കഴിഞ്ഞ പതിനൊന്നാമത് പദ്യം പോലെ തുടങ്ങിക്കഴിഞ്ഞു ഇവിടെ പോലെ ശങ്കരാചാര്യരെ അറ്റാക്ക് ചെയ്യുന്നതും തുടങ്ങി രാമാനുജാൻ അഹ് സർവേശ്വരസ്താവ് ഞാൻ സർവേശ്വരനാണ് ഈശ്വരനാണ് ഭഗവാൻ പറയുന്നു അതഹ വർത്തമാന പൂർവസ്മിൻ അനാദോകാലുകൊണ്ട് വർത്തമാന പൂർവസ്വിന് അനാദോകാലും അനാദികാലമായിട്ട് പൂർവകാലം എന്നല്ല പറയുന്നത് അനാദികാലമായിട്ട് ന നാസം ഞാൻ ഇല്ലാതിരുന്നില്ല രണ്ടും നഞ്ഞു ചേർത്ത് കഴിഞ്ഞാൽ ഭാവാർത്ഥങ്ങളും ഉണ്ടാകുന്നില്ല എന്നുണ്ടായിരുന്നു അഭിതുഹാസം ഞാൻ അനാദിയായി എന്നുള്ളവനാണ് ഈശ്വരവ്യാഹ ക്ഷേത്രജ്ഞാഹ ത്വന്മുഖാഹ മുഖോന്നുഞ്ഞുണ്ട് ആദി എന്നുള്ള അർത്ഥത്തിലാണ് നെയ്മുന്ന പോലെയുള്ളവരുമായ ഈശ്വര ഞാൻ ഭരിക്കുന്നവർ എനിക്ക് അധീനനായിരുന്നു ഈ പറയുന്ന ഓരോ വാക്കുകളും ഓരോ അടിയാണ് ആർക്ക് ചന്ദ്ര അടിയെന്ന് വെച്ചാൽ ചെറിയ അടിയല്ല കൂടം കൊണ്ടുള്ള അടിയാണ് കൂടം കണ്ടിട്ടുണ്ടിയാണ് ഓരോ വാക്കുകൾശ്വരവിയാഹ ക്ഷേത്രജ്ഞാഹ എല്ലാ ക്ഷേത്രജ്ഞന്മാരും എന്താണ് ആസം അവിധ്വാസം ഇല്ലാതിരുന്നില്ല അനാധികാരമായും നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു ഞാനും ഉണ്ടായിരുന്നു അഹം ച യൂയം ച സർവേവയം അതപ്പരസ്വിൻ അനന്ത കാലേ ന ജൈവന ഭൌഷ്യം നീ ഞാൻ നീ ബാക്കിയുള്ള സർവൻ അനന്തകാലത്തേക്കും ഉണ്ടായിരിക്കും ഇല്ലാതിരിക്കത്തില്ല അതാണ് അംഗമിച്ച ഞാൻ യൂ എം നീ സർവേ നമ്മളെല്ലാവരും എല്ലാവരും എഴുതണം കൂടി ചേർത്ത് പറഞ്ഞു വയം അതപ്പരസം അനന്തയുകാലി പോകുന്ന അനന്തകാലത്തേക്ക് ഇന്ന ജൈവ എന്ന ഭക്ഷ്യ ഇന്നും ഉണ്ടായിരിക്കും ഹം ജാതുനാസം നത്വം ജനാധിപത്യ ഭവിഷ്യാമെല്ലാം ഉണ്ടായിരിക്കും എന്നുള്ള ചേർത്ത് സർവൈവാക്യ സാവധാരണ ഹാവത് നിയമം ഏവചേർക്ക് പറയാം ഉറപ്പിച്ച കാര്യങ്ങൾ പറയാം ശ്ലോകത്തിൽ നിന്നും ചേർത്തു യഥാ സർവേശ്വര പരമാ നിത്യ സംശയോ പരമാത്മാവായ നിത്യനാണോ അത് അർജുനന് പോലെ സംശയമല്ല ഈശ്വരൻ നിത്യനാണെന്നോ അല്ല തഥൈവ ഭഗവന്ത ക്ഷേത്രജ്ഞനാണ് ആത്മാനം ക്ഷേത്രജ്ഞന്മാരായി ആത്മാക്കളെല്ലാം നിന്നെ പോലെയുള്ള എല്ലാവരും എന്താണ് നിത്യ നിത്യ മന്ദവ്യ നിത്യമാണ് നമ്മുടെ വേറെ കുഴപ്പമുള്ളൂ എന്നായിരിക്കും പറയൂ കേവല ആത്മതത്വത്തെ കുറിച്ച് മാത്രമേ പറയുള്ളൂ യുദ്ധമോ ഹിന്ദിസയോ ഒന്നും ഈശ്വരൻ നിത്യനാണ് എല്ലാ ജീവന്മാരും നിത്യന്മാരാണ് എല്ലാ ജീവന്മാരും ഈശ്വരൻ അധീനനാണ് ഈശ്വരൻ എല്ലാ ജീവന്മാരെയും ഭരിക്കുന്നവനാണ് ഐശ്വര്യം എല്ലാവരും നിയന്ത്രിക്കുന്നവനാണ് ഇതാണ് ഉറപ്പായി അതുകൊണ്ട് തൊട്ടടുത്ത് അശോചിച്ച് ദുഃഖിക്കരുതെന്ന് പറഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു തത്വം പറയുന്ന എന്താണ് ആത്മാവിന്റെ നാശത്തെക്കുറിച്ച് കൊടുത്ത് ദുഃഖിക്കേണ്ട അതന്നെ ദുഃഖിക്കണ്ട ആത്മാവ് മരിക്കുന്നില്ല പിന്നെ ശരീരത്തിന്റെ നാശത്തെ കുറിച്ച് ദുഃഖിക്കണമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സാധാരണ മനുഷ്യർ അല്ല തനിക്ക് വേണ്ടപ്പെട്ട അറിയിച്ചു ശരീരമൊക്കെ ദുഃഖം ദുഃഖം വരാതെ അങ്ങനെ എന്തെങ്കിലും കടപ്പാട് ആത്മബന്ധം മനുഷ്യൻ ദുഃഖിക്കും ഇനി തന്റെ നാശത്ത് ദുഃഖിച്ച ദുഃഖിക്കും തനിക്ക് എന്തെങ്കിലും വ്യാധി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടൻ ഡിപ്രഷൻ വരുന്നത് കൊണ്ടാണ് ദുഃഖ മനുഷ്യരെല്ലാം അങ്ങനെയാണ് അപ്പോ ആത്മാവിനെ നിത്യം എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാവിനെ കുറിച്ച് ദുഃഖിക്കണ്ട എന്ന് പറയുന്നത് സത്യമാണ് ശരീരത്തെക്കുറിച്ച് എന്താ പറുഃഖിക്കണ്ട എന്ന് പറയുന്നത് എപ്പോഴും ശരിയാവോ അതിൻ്റെ ചില മനുഷ്യരുണ്ട് ശരീരത്തെക്കുറിച്ച് ദുഃഖിക്കാത്ത മനുഷ്യരുണ്ട് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഒരു മനുഷ്യൻ അങ്ങേറ്റം ക്രൂരനായി തീരുമ്പോൾ അതും ചിലപ്പം മറ്റു ശരീരങ്ങളെ കുറിച്ച് ഹിംസാത്മകമായ ബുദ്ധി മറ്റ് ശരീരങ്ങളൊന്നും ചോർത്ത് ദുഃഖിക്കാറില്ല പക്ഷെ അങ്ങേറ്റ സ്വാർത്ഥനവും അങ്ങേറ്റ സ്വാർത്ഥനാകുമ്പോൾ തേടുന്നു ദുഃഖിക്കില്ല നമ്മളെല്ലാവരും കൂടെ ഒരു കുറയും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും ഇവിടെ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാവില്ല കുഴപ്പം എന്തെന്ന് പറഞ്ഞാൽ നിങ്ങളെ പ്രയായിരിക്കും അതുകൊണ്ട് ഞാൻ പറയുന്നു അപ്പൊ ഓരോരുത്തരും എന്ത് ചെയ്യും അടുത്തുള്ള വാതിലും കൂടെ പുറത്ത് ചാടാൻ പോകും എല്ലാവരും തൊട്ടടുത്ത് ഏത് വാതിൽ കൂടെ പുറത്ത് ചാടിയാൽ അവിടെ എന്താണ് പ്രവർത്തിക്കുന്നത് അവനവന്റെ സ്വാർത്ഥത ഈ സ്വാർത്ഥത്തെ കൂടി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ആര് നഷ്ടപ്പെട്ടാലും നിങ്ങളുടെ എന്ത് നഷ്ടപ്പെട്ടാലും ശരി കാരണം ബാക്കി എല്ലാത്തിനുമാണ് ഉള്ള ബന്ധം വേൽപടിച്ച് എന്നെവിടെ നിൽക്കുന്നു നമ്മളിലേക്ക് ഞാൻ ആരുടെ മരണത്തെക്കുറിച്ച് ഞാൻ ഒറ്റ അധികം സ്വാധീനം കക്ഷിയാണ് അങ്ങേറ്റവും സോർത്തലായുള്ള വരുന്നു എനിക്ക് ആരെങ്കിലും മരിക്കുന്നുണ്ട് അവയ ദുഃഖം വരത്തില്ല അങ്ങനെ സംഭവിക്കാം സാറിനെ സംഭവിക്കാം അല്ല സാമാന്യ മനുഷ്യരാണെങ്കിലും എന്താണ് ഹൃദയമുള്ള മനുഷ്യർ ദയാളായ മനുഷ്യർ കാരുണ്യമുള്ള മനുഷ്യരാണെങ്കിൽ എന്തെങ്കിലും അവർ മറ്റുള്ളവരുടെയൊക്കെ ദുഃഖത്തെ പോയി ചോർത്ത് അവര് ദുഃഖിക്കും കൃപകാലം കൃപ്പ ഉള്ളവനെന്ന് പറയുന്നത് അങ്ങനെയുള്ള ആൾക്കാരാണ് മറ്റുള്ളവരിലിപ്പോ ദുഃഖമുണ്ടെന്നും അവരുടെ ദുഃഖം പരിഹരിക്കണമെന്നൊക്കെ ചിന്തിക്കുന്നത് കൃപകാലമുള്ള കാര്യമുള്ളവരും നമ്മളെ പോലുള്ള സ്വാർത്ഥന്മാരല്ല